അല്ലെങ്കിൽ തകർന്നടിഞ്ഞ ഒരു ഗ്രാമത്തിലൂടെ കടന്നുപോയവനെപ്പോലെ അവൻ പറഞ്ഞു മരണശേഷം അള്ളാഹു സുബഹാനുഹുവ ചയാല ഇതിനെ എങ്ങനെ ജീവിപ്പിക്കും അങ്ങനെ അല്ലാഹു സുബഹാനുഹുവ ചയാല അവനെ നൂറു വർഷം വരിപ്പിച്ചു പിന്നീട് അവനെ ഉയർപ്പിച്ചു അല്ലാഹു ചോദിച്ചു നീ എത്ര കാലം ഇവിടെ കഴിഞ്ഞു അവൻ പറഞ്ഞു ഞാൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ചു സമയമോ കഴിഞ്ഞു അല്ലാഹു പറഞ്ഞു അല്ല നീ നൂറു വർഷം കഴിഞ്ഞു അതിനാൽ നിന്റെ ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും നോക്കൂ അവയ്ക്ക് മാറ്റം വന്നിട്ടില്ല നിന്റെ കഴുതയിലേക്കും നോക്കൂ ജനങ്ങൾക്ക് നിന്നെ ഒരു ദൃഷ്ടാന്തമാക്കാൻ വേണ്ടിയാണിത് എല്ലുകളിലേക്ക് നോക്കൂ അവയെ നാം എങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നുവെന്നും പിന്നീടവയ്ക്ക് മാംസം പൊതിയുന്നുവെന്നും നോക്കൂ അതവന് വ്യക്തമായപ്പോൾ അവൻ പറഞ്ഞു തീർച്ചയായും അള്ളാഹുസുബാനഹുവറ്റയാല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു